യൂണിറ്റ് എയ്റ്റ് ലെസൺ തേർട്ടി ലിസൺ പിറന്നാൾ ആഘോഷത്തിന് ഒരു ക്ഷണം സദ്യക്ക് എത്ര പേർ വരുന്നു വെളിയിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ടോ എങ്കിൽ ഞാൻ വരുന്നില്ല അതെന്താ ഡോക്ടർ സാർ അങ്ങനെ സാർ ഞങ്ങളുടെ വീട്ടിൽ ഒരു അതിഥിയല്ലല്ലോ അത് ശരി എന്നാൽ പിന്നെ ഞാൻ ഇന്ന് തന്നെ വരണോ എനിക്കെപ്പോഴും വരാമല്ലോ നാളെ ആകട്ടെ ഇന്ന് വേറൊരിടത്ത് പോകാനുണ്ട് അത് പാടില്ല ഇന്ന് തന്നെ സാർ ഞങ്ങളുടെ വീട്ടിൽ വരണം എന്താ ഇന്ന് അത്ര നിർബന്ധം മാധുരിയുടെ മകന്റെ ഒന്നാമത്തെ പിറന്നാളാണ് ഓഹോ കൊച്ചുമോന്റെ പിറന്നാൾ ആഘോഷമാണോ അപ്പോൾ അപ്പൂപ്പന്റെ ഓഫീസിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും ക്ഷണമുണ്ടോ എല്ലാവർക്കുമില്ല ഏകദേശം പത്തൊമ്പത് പേര് വരുന്നു അത്ര അയ്യോ അതൊരു വലിയ ആൾക്കൂട്ടമാണല്ലോ അത് സാരമില്ല ഡോക്ടർ സാർ വരണം സാറല്ലേ അവന്റെ ലക്ഷണി വീണ്ടും ആ പഴയ പാട്ട് അതൊന്നും എന്റെ സാമർഥ്യമല്ല ദൈവത്തിന്റെ കരുണയാണ് ആട്ടെ എത്ര മണിക്കാണ് സദ്യ പന്ത്രണ്ട് മണിക്കേ തുടങ്ങുന്നുണ്ട് സാറ് ഡിസ്പെൻസറിയിൽ നിന്ന് നേരെ അങ്ങോട്ട് വരണം സാറിന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ അങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കും അതിങ്ങനെ പതിനൊന്ന് മണിക്ക് എന്റെ മൂത്ത ഗോപി ഇതിലെ വരുന്നുണ്ട് അവന്റെ കാറിൽ അവർക്കൊക്കെ സാറിന്റെ ഭാര്യക്ക് നേരത്തെ പരിപാടിയൊക്കെ അറിയാം അതുകൊണ്ട് സാറ് വിഷമിക്കണ്ട ഓഹോ കഥ എപ്പോൾ അങ്ങനെയാണോ അപ്പോ ഞാനാണല്ലോ ലിസ്റ്റിൽ അവസാനത്തെയാൽ ശരി ശരി സമയമായി ഞാൻ ഇറങ്ങട്ടെ ക്ഷമിക്കണം നമസ്കാരം നായർ കാറിൽ കയറുന്നില്ലേ ഇനി എവിടെ പോകാനുണ്ട് ഇനിയും രണ്ടു മൂന്ന് സ്ഥലത്തുകൂടി പോകണം ീ പൊരിവെയിലത്ത് നടക്കാൻ പോകുന്നോ വേണ്ട അത് പാടില്ല മുൻ സീറ്റിൽ തന്നെ കയറൂ ഇന്ന് ഞാൻ തന്നെയാണ് ഡ്രൈവർ ജോണി അവധിയിലാണ് ലിസൺ ആൻഡ് റിപ്പീറ്റ് സദ്യക്ക് എത്ര പേര് വരുന്നു സദ്യക്ക് എത്ര പേര് വരുന്നു വെളിയിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ടോ വെളിയിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ടോ എങ്കിൽ ഞാൻ വരുന്നില്ല എങ്കിൽ ഞാൻ വരുന്നില്ല അതെന്താ ഡോക്ടർ സാർ അങ്ങനെ അതെന്താ ഡോക്ടർ സാർ അങ്ങനെ സാറ് ഞങ്ങളുടെ വീട്ടിൽ ഒരു അതിഥിയല്ലല്ലോ സാറ് ഞങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി അല്ലല്ലോ അത് ശരി എന്നാൽ പിന്നെ ഞാൻ ഇന്ന് തന്നെ വരണോ അത് ശരി എന്നാൽ പിന്നെ ഞാൻ ഇന്ന് വരണോ എനിക്ക് എപ്പോഴും വരാമല്ലോ എനിക്കെപ്പോഴും വരാമല്ലോ നാളെയാകട്ടെ നാളെ ആകട്ടെ ഇന്ന് വേറൊരിടത്ത് പോകാനുണ്ട് ഇന്ന് വേറൊരിടത്ത് പോകാനുണ്ട് അത് കാണില്ല അതു പാടില്ല സാർ ഇന്നുതന്നെ സാർ ഞങ്ങളുടെ വീട്ടിൽ വരണം ഇന്ന് തന്നെ സാർ ഞങ്ങളുടെ വീട്ടിൽ വരണം എന്താ ഇന്ന് നിർബന്ധം എന്താ ഇന്ന് നിർബന്ധം മോധുരിയുടെ മകന്റെ ഒന്നാമത്തെ പിറന്നാളാണ് യുടെ മുറന്നാളാണോ ഓഹോ കൊച്ചുമോ പിറന്നാൾ ആഘോഷമാണോ ഓഹോ കൊച്ചുമോ പിറന്നാൾ ആഘോഷമാണോ അപ്പോൾ അപ്പൂപ്പന്റെ ഓഫീസിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പൂപ്പന്റെ ഓഫീസിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും ക്ഷണം ഉണ്ടോ എല്ലാവർക്കും ക്ഷണം എല്ലാവർക്കും ഇല്ല ഏകദേശം പത്തൊമ്പത് പേർ വരുന്നു അത്ര തന്നെ ഏകദേശം പത്തൊമ്പത് പേര് വരുന്നു അത്ര തന്നെ അയ്യോ അതൊരു വലിയ ആൾക്കൂട്ടമാണല്ലോ അയ്യോ അതൊരു വലിയ ആൾക്കൂട്ടമാണല്ലോ അത് സാരമില്ല ഡോക്ടർ സാർ വരണം അതും സാധ്യമില്ല ഡോക്ടർ സാർ വരണം സാറല്ലേ അവന്റെ രക്ഷകൻ സാറല്ലേ അവന്റെ രക്ഷകൻ വീണ്ടും ആ പഴയ പാട്ട് വീണ്ടും ആ പഴയ പാട്ട് അതൊന്നും എന്റെ സാമർഥ്യമല്ല അതൊന്നും എന്റെ സാമർഥ്യമല്ല ദൈവത്തിന്റെ കരുണയാണ് ആട്ടെ എത്ര മണിക്കാണ് സദ്യ ദൈവത്തിന്റെ കരുണയാണ് ആട്ടേ എത്ര മണിക്കാണ് സദ്യ പന്ത്രണ്ട് മണിക്ക് തുടങ്ങുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് തുടങ്ങുന്നുണ്ട് സാറ് ഡിസ്പെൻസറിയിൽ നിന്ന് നേരെ അങ്ങോട്ട് വരണം സാറ് ഡിസ്പെൻസറിയിൽ നിന്ന് നേരെ അങ്ങോട്ട് വരണം സാറിന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ അതിനു മുമ്പേ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കും സാറിന്റെ ഭാര്യയും അതിനു മുൻപേ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കും അതെങ്ങനെ അതെങ്ങനെ പതിനൊന്ന് മണിക്ക് എന്റെ മൂത്ത മുഴൻ ഗോപി ഇതിലേ വരുന്നുണ്ട് പതിനൊന്ന് മണിക്ക് എന്റെ മൂത്ത ഇതിലെ വരുന്നുണ്ട് അങ്ങന്റെ കാറിൽ അവർക്കൊക്കെ പോകാം അങ്ങന്റെ കാറിൽ അവർക്കൊക്കെ പോകാം സാറിന്റെ ഭാര്യയ്ക്ക് നേരത്തെ പരിപാടിയെ പറ്റി അറിയാം ഭാഗയ്ക്ക് നേരത്തെ പരിപാടിയെ പറ്റി അറിയാം അതുകൊണ്ട് സാറ് വിഷമിക്കണ്ട അതുകൊണ്ട് സാറ് വിഷമിക്കണ്ട ഓഹോ കഥയെപ്പോൾ അങ്ങനെയാണോ ഓഹോ കഥയെപ്പോൾ അങ്ങനെയാണോ അപ്പോ ഞാനാണല്ലോ ലിസ്റ്റിൽ അവസാനത്തെയാൾ അപ്പോ ഞാനാണല്ലോ ലിസ്റ്റിൽ അവസാനത്തെയാൾ ശരി ശരി സമയമായി ഞാൻ ഇറങ്ങട്ടെ ക്ഷമിക്കണം ശരി ശരി സമയമായി ഞാനിറങ്ങിട്ട് ക്ഷമിക്കണം നമസ്കാരം നമസ്കാരം നായർ കാറിൽ കയറുന്നില്ലേ നായർ കാറിൽ കയറുന്നില്ലേ ഇനി എവിടെ പോകാനുണ്ട് ഇനി പോകാനുണ്ട് ഇനിയും രണ്ടു മൂന്ന് സ്ഥലത്ത് കൂടി പോകണം ഇനിയും രണ്ടു മൂന്ന് കൂടി പോകണം ഈ പൊരിവെയിലത്ത് നടക്കാൻ പോകുന്നോ ഈ പൊരി വെയിലത്ത് നടക്കാൻ പോകുന്നോ വേണ്ട അത് പാടില്ല മുൻ സീറ്റിൽ തന്നെ കയറൂ വേണ്ട അത് പാടില്ല മുൻസിറ്റിൽ തന്നെ കയറൂ ഇന്ന് ഞാൻ തന്നെയാണ് ഡ്രൈവർ ഇന്ന ഞാൻ തന്നെയാണ് ഡ്രൈവർ ജോണി അവധിയിലാണ് ജോണി അവധിയിലാണ് ഡ്രിൽസ് റെപ്പറ്റേഷൻ ഡ്രിൽ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കു വരുന്നുണ്ട് ഒരുപാളുകൾ ശ്രദ്ധയ്ക്ക് വരുന്നുണ്ട് പിറന്നാൾ പാർട്ടിക്ക് അവരൊക്കെ പോകുന്നുണ്ട് പിറന്നാൾ പാർട്ടിക്ക് അവരൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ സീത നന്നായി പഠിക്കുന്നുണ്ട് പ്പോൾ സീത നന്നായി പഠിക്കുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നു ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പോകുന്നു അവൾ ഹോസ്റ്റലിൽ നിന്ന് പോകുന്നു ഡോക്ടർ ഡിസ്പെൻസറിയിൽ നിന്ന് പോകുന്നു ഡോക്ടർ ഡിസ്പെൻസറിയിൽ നിന്ന് പോകുന്നു അവരൊക്കെ ആശുപത്രിയിൽ നിന്ന് വരുന്നു അവരൊക്കെ ആശുപത്രിയിൽ നിന്ന് വരുന്നു സാറ് നേരെ അങ്ങോട്ട് വരണം സാറ് നേരെ അങ്ങോട്ട് വരണം അദ്ദേഹം വീട്ടിലോട്ട് പോകുന്നു അദ്ദേഹം വീട്ടിലോട്ട് പോകുന്നു എക്സ്പാൻഷൻ ഡ്രിൽ മോഡൽ ഞങ്ങൾ വരുന്നു ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നു ഒൻപത് മണിക്ക് ഞങ്ങൾ ഒൻപത് മണിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നു എന്നും ഞങ്ങൾ എന്നും ഒൻപത് മണിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നു നൗ ഫോളോ ദോഡൽ ഇന്ന് പോകുന്നുണ്ട് ഇന്ന് നാട്ടിൽ പോകുന്നുണ്ട് കൂട്ടുകാരെല്ലാം ഇന്ന കൂട്ടുകാരെല്ലാം നാട്ടിൽ പോകുന്നുണ്ട് എക്സ്പാൻഷൻ ഡ്രിൽ കണ്ടിന്യൂ സദ്യ തുടങ്ങുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് ഇന്ന് എന്റെ കൂട്ടുകാരെല്ലാം നാട്ടിൽ പോകുന്നുണ്ട് സദ്യ പന്ത്രണ്ട് മണിക്ക് തുടങ്ങുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ സദ്യ ഞങ്ങളുടെ വീട്ടിൽ പന്ത്രണ്ട് മണിക്ക് തുടങ്ങുന്നുണ്ട് അഞ്ചു മണിക്ക് ഇറങ്ങുന്നു എല്ലാവരും അഞ്ചുമണിക്ക് എല്ലാവരും ഇറങ്ങുന്നു അഞ്ചു മണിക്ക് ഓഫീസിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്നു ഞങ്ങളുടെ ണിക്ക് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ അദ്ദേഹം വീട്ടിലോട്ട് പോകുന്നുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് നാട്ടിലോട്ട് അദ്ദേഹം നാട്ടിലോട്ട് പോകുന്നുണ്ട് ഓഫീസിലോട്ട് ോട്ട് പോകുന്നുണ്ട് ക്ലാസ്സിലോട്ട് അദ്ദേഹം ക്ലാസിലോട്ട് പോകുന്നുണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ക്ലാസിൽ നിന്ന് ഞാൻ ക്ലാസിൽ നിന്ന് ഇറങ്ങുന്നു മുടിയിൽ നിന്ന് കാറിൽ നിന്ന് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുന്നു ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ സദ്യക്ക് എല്ലാവരും വരുന്നുണ്ട് ആ സദ്യക്ക് എല്ലാവരും വരുന്നില്ല നൗ ഫോളോ ദ മോഡൽ മധു ആ കല്യാണത്തിന് പോകുന്നുണ്ട് മധു ആ കല്യാണത്തിന് പോകുന്നില്ല മാ കല്യാണത്തിന് അവരെയും വിളിക്കുന്നുണ്ട് മാധവന്റെ കല്യാണത്തിന് അവരെയും വിളിക്കുന്നില്ല കുട്ടികൾ അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തുന്നുണ്ട് കുട്ടികൾ അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തുന്നില്ല ഞങ്ങളുടെ ക്ലാസ് ഏഴരയ്ക്ക് തുടങ്ങുന്നുണ്ട് ഞങ്ങളുടെ ക്ലാസ് ഏഴരയ്ക്ക് തുടങ്ങുന്നില്ല ഡ്രൈവർ മൂന്ന് സീറ്റിൽ തന്നെ കയറുന്നുണ്ട് ഡ്രൈവർ മുൻ സീറ്റിൽ തന്നെ കയറുന്നില്ല മോഡൽ ടു ധാരാളം ആളുകൾ വരുന്നുണ്ട് ധാരാളം ആളുകൾ വരുന്നുണ്ടോ നൗ ഫോളോ ദോഡൽ കുട്ടി നേതാവ് എല്ലാവരെയും ഓർക്കുന്നുണ്ട് കുട്ടിനേതാവ് എല്ലാവരെയും ഓർക്കുന്നുണ്ടോ ഭാര്യ വീട്ടുകാർ അയാൾക്ക് പണം കൊടുക്കുന്നുണ്ട് ഭാര്യ വീട്ടുകാർ അയാൾക്ക് പണം കൊടുക്കുന്നുണ്ടോ അദ്ദേഹം അതിഥികളെ മകൻറെ കാണിക്കുന്നുണ്ട് അദ്ദേഹം അതിഥികളെ മകന്റെ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ടോ അനിയനും ചേട്ടനും അനിയനും ചേട്ടനും വഴക്ക് കൂടുന്നുണ്ടോ മൂത്തയാൾ വേഗം നടക്കുന്നുണ്ട് മൂത്തയാൾ വേഗം നടക്കുന്നുണ്ടോ മോഡൽ അനിയൻ വേഗം നടക്കുന്നില്ല അനിയൻ വേഗം നടക്കുന്നില്ലേ നൗ ഫോളോ ദ മോഡൽ അച്ഛൻ അമ്മയെ വിളിക്കുന്നില്ല അച്ഛൻ അമ്മയെ വിളിക്കുന്നില്ലേ സുഖു പുതിയ ഭാഷ പഠിക്കുന്നില്ല സുഖു പുതിയ ഭാഷ പഠിക്കുന്നില്ലേ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ രാധ നാടകം മുഴുവനും കാണുന്നില്ല രാധ നാടകം മുഴുവനും കാണുന്നില്ലേ മധു എല്ലാം വാങ്ങുന്നില്ല മധു എല്ലാം വാങ്ങുന്നില്ലേ